എന്ത് ചെലവഴിക്കണം എന്നവർ നിങ്ങളോട് ചോദിക്കുന്നു പറയുക നിങ്ങൾ ഏതൊരു നന്മ ചെലവഴിച്ചാലും അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കർക്കും വേണ്ടിയാകട്ടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മയെക്കുറിച്ചും തീർച്ചയായും അള്ളാഹു സുബാനഹുവദ്അാലറിയുന്നവരാകുന്നു